യോബുവിൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധികാരം യോബിൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഇത് വാലിബ് പ്രായത്തിൽ നമുക്ക് ഇരിക്ക ഒരു കാര്യം ദൈവനുക്ക് ഭയപ്പെടുക ഒരു ഭയം ഈ യൗവന പ്രായത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണം ദൈവത്തെ ദൈവ ഭയം നമുക്ക് എന്നുള്ളതാണ് നാം എവ്വളക്ക് നാം ദൈവ ഭയത്തിൽ വളർക്കുക അവളുക്ക് അവളവായി നമ്മുടെ പരിശുദ്ധ മാതൃ നാം നാം എത്രത്തോളം ദൈവ ഭയത്തിൽ വളരുന്നുവോ അത്രത്തോളം നമുക്ക് വിശുദ്ധിയിൽ വളരുവാനായിട്ട് കഴിയും കാളവേളയിൽ ഉള്ളോട് കൂടെ ഒരു മൂന്ന് കാര്യങ്ങളെ ഞാൻ പകർന്നുകൊള്ളവരും പുരൻ ഇന്ന് രാവിലെ നിങ്ങളോട് മൂന്ന് കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവനുക്ക് ഭയപ്പെടുക ഒരു മനുഷ്യനുടേ ഒരു മൂന്ന് അടയാളങ്ങളെ നാട്ടിൽ കാണിക്കവരും പുരൻ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയുടെ മൂന്ന് അടയാളങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കട്ടെ അത് വാലിബ് പ്രായത്തിൽ അത്യാവശ്യമാണ് ഒരു കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഈ യൗവന പ്രായത്തിൽ വളരെ പ്രധാനപ്പെട്ട ആവശ്യമുള്ള മൂന്ന് കാര്യങ്ങളാണ് അവ ഇങ്ങനെ നാം വാസിക്കണം യോബുവിൻ പുസ്തകം ഇരുപത്തിയെട്ടാം അധികാരം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യനോട് അരുളിച്ചു അതാത് പഴയ ഉടൻപിടിക്കുടേ തരം എന്നാൽ പൊല്ലാപ്പെ വിട്ടു വിലകുന്നത് ബുദ്ധി അല്ലെങ്കിൽ കർത്തർക്ക് ഭയപ്പെടുക ഭയം പഴയ നിയമത്തിൽ ഉള്ള ആ ഒരു നിലവാരം എന്ന് പറയുന്നത് ദോഷം നടക്കുന്നത് ആണ് വിവേകം അതായത് ഏതാ ഒരു സിക്കലിൽ വാലിഡ് പ്ലേകളിൽ ഏതാ ഒരു സിക്കലിൽ പോയി സിക്കരുത് ചെറുപ്പക്കാരായ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് പെടുന്നു ഇനിക്ക് ഇരിക്കുകൂടിതാണ് വളത്തലങ്ങൾ ഇനിക്ക് സെക്സ് ഇന്ന് നമ്മുടെ ചുറ്റിനുമുള്ള എന്തെങ്കിലും തരത്തിലുള്ള കുരുക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുരുക്ക് ഒരു ബന്ധം എന്തിലെങ്കിലും പോയി ചെന്ന് കുരുങ്ങിക്കപ്പെടുന്നു എപ്പോഴും സിംസോൺ പോയി ഒരു കാര്യത്തിൽ സിക്കൊണ്ടാണോ അതുപോലെ സിംസോൻ എങ്ങനെ ഒരു കാര്യത്തിൽ പോയി കുടുങ്ങിയോ അതുപോലെ ദിംനാഥ് ഒരു ദിംനാത്തിലുള്ളതാണ് ഒരു ഗേൾ അഫയറിലെ പോയി അവൻ മുതലേ സിക്കൊണ്ടാണ് ദിംനാത്തിലുള്ള ഒരു പെൺകുട്ടിയുമായുള്ള ഒരു ബന്ധത്തിൽ അവൻ പെട്ടുപോയി ദേവൻ അവനു കണുസാരിയായി ഇരുന്ന് കാര്യത്തിൽ നിന്ന് അവനെ വെടിവീത്താർ ദൈവം അവനെ സഹായിച്ച് അവൻ ആ കാര്യത്തിൽ നിന്ന് പുറത്തു വരുവാനായിട്ടിടയായി വീണ്ടും പോയി ഗാസാവിലുള്ളതാണ് ഒരു വേശീനിടത്തിൽ പോയി മരടി സിക്കൊണ്ടാൻ എന്നാൽ തുടർന്ന് വീണ്ടും ഗാസായിലുള്ള ഒരു വേശിയുടെ അടുത്ത് വീണ്ടും പോയി ആ കുരുക്കൽ വീണു ഇതുപോല വാളി വാലിവിളികൾ സഭയിലേ വളർന്നേരുന്ന പള്ളുകൾ സിക്കി കൊളുകാം പാർത്തു കൊണ്ടുതാണ്ടിരിക്കോ നമ്മുടെ സഭയിൽ പോലും അവിടെ വളർന്ന് വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇപ്രകാരമുള്ള പല കുരുക്കുകളിലും ചെന്ന് പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഏതാ ഒരു കാര്യങ്ങളിൽ സിക്കി ഒരു പുല്ലാപ്പുക്ക് ഉടപെട്ട് പേ അതിലിരുന്ന് വിലകുതി എപത് ഒരു പഴയ ഉടൻപിടിക്കുന്ന തരം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി കുരുങ്ങി ആ പ്രശ്നത്തിൽ നിന്ന് തല ഊരി പുറത്തു വരുന്നത് ഒരു പഴയ നിയമത്തിൻ്റെ നിലവാരമാണ് ആനാൽ പുതിയ ഉടൻപിടിയിൽ ദൈവം നമുക്ക് മേലാണ് ഒരു കാര്യത്തെ വഹിച്ച എന്നാൽ പുതിയ നിയമത്തിൽ അതിലും ഉന്നതമായ ഒരു കാര്യം ദൈവം വെച്ചിട്ടുണ്ട് പൊള്ളാപ്പെ വിട്ട് വിലകുന്നത് ബുദ്ധി എന്നത് പഴയ പഴയ ഏർപ്പാട് ദോഷം അകന്ന് നടക്കുന്നത് ബുദ്ധി വിവേകം എന്നത് പഴയ നിയമത്തിൻ്റെ ഒരു നിലവാരമാണ് ആനാൽ പുതിയ ഉടൻപിടിൽ നാം എപ്പോഴും വാസിക്കും ഒന്ന് തെസ്നോക്കിയ പുസ്തകം ഐന്താം അധികാരം ഇരുപത് ആസനം എന്നാൽ പുതിയ നിയമത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഒന്ന് തെസ്ലോണിക്കർ അഞ്ചാം അധ്യായം ഒന്ന് തെസ്ലോണിക് അഞ്ചാം അധ്യായം രണ്ടാമത്തെ തോന്നിനെ അവളുങ്ങൾ സകലവിധ ദോഷവും വിട്ടകലുവേം മലയാളത്തിൽ തർജിമയിൽ അത്ര പ്രകടമായ വ്യത്യാസം അതിൽ രണ്ട് വാക്യങ്ങളിൽ നമുക്ക് കാണുന്നില്ല ഇവൻ ഇറ്റ് ഇറ്റ് അപ്പിയരൻസ് അനുടേ തോറ്റത്തിലേ പൊല്ലാങ്കായ് തോന്നിനാലേ പോതും വിട്ടു വിലകേണ്ടത് അവസ്യമായിരിക്കൊരു ദോഷമാണ് എന്ന് തോന്നുന്ന ഉടനെ തന്നെ ദോഷമാണെന്ന് മനസ്സിലായാലും ഉടനെ തന്നെ നാം അവിടെ നിന്ന് മാറിപ്പോകണം എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ തരം ദേവൻ അത് എവ്ലോ കേളവായി നാം കത്തു ഭയപ്പെടുക ഭയത്തിൻ ആവിയെ നാം കൊണ്ടുക്കരമോ നമുക്ക് എത്രത്തോളം ദൈവത്തെ ഭയപ്പെടുന്ന ആ ഒരു ഭയത്തിൻ്റെ ആത്മാവ് നമുക്കുണ്ടോ നാം സ്മെൽ പണി എന്ത് ഇടത്തിൽ ഈവിൽക്ക് എന്ത് ഇടത്തിൽ സിൻ്റക്ക് അപ്പിങ്ങൽ പണിടല ഇവിടെ പാപം ഉണ്ട് ഇവിടെ അധർമ്മം എന്നുള്ളത് നമുക്ക് മനത്തറിയുവാൻ കഴിയും നിങ്ങൾ ചില ട്രെയിൻഡ് ഡാഗ്സ് ലാബ്രഡർ പോകലാ പാത്തർപ്പീങ്ങ പോലീസ് ഡിപാർട്ട്മെൻറ്റിൽ പെടുത്താണ് ഡാഗ്സ് ചില ട്രെയിനിങ് എടുത്ത ചില പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉപയോഗിക്കുന്ന പട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ലാബ്രോ പോലെയുണ്ടോ എയർപോർട്സിലെ ജങ്ഷൻസിലെ അവർക്ക് അത് ട്രെയിനിങ് കൊടുത്തിപ്പാങ്ങ അത് എയർപോർട്ടിലും ജങ്ഷൻസിലും ഒക്കെ അതിന് ഇപ്രകാരം പ്രത്യേകം മണത്തറിയുവാനുള്ള ട്രെയിനിങ് ആ പട്ടികൾക്കുണ്ട് ബാംസ്ക്കല്ലത് കഞ്ചാർക്കാ അല്ല ഹരായിൻ്റക്കാ അപ്പടി സില തീങ്ങാന കാര്യങ്ങളെ സ്മെൽ പണത് ആണ് ട്രെയിൻ ഡോക്സ് ഉണ്ട് തിന്മയുള്ള കാര്യങ്ങൾ അവിടെ കഞ്ചാവുണ്ടോ ഹീറോയിൻ ഉണ്ടോ മറ്റെന്തെങ്കിലും ബോംബോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അത് മണത്തറിയുവാൻ പരിശീലനം ലഭിച്ച നായ്ക്കൾ അത് കറക്റ്റായി സ്മെൽ പണിടാതെ പെട്ടെന്ന് തന്നെ അതിന് മണത്തറിയുവാൻ കഴിയും അത് അതുപോലവേ ഒരു ദേവനുക്ക് ഭയപ്പെടുക ഒരു മനുഷ്യൻ ദേവനുക്ക് ഭയപ്പെട ഭയം ഒരു മനുഷ്യന് തീർക്കുമ്പോഴത് അവിടെ സ്മെൽ സ്മെൽ പണിയില്ല നമ്മെ അതുപോലെ ദൈവ ഭയം ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ മണത്തറിയുവാനായിട്ട് കഴിയും എവ്വളോ കേവളമായി നാം ഭയപ്പെടമോ അത് സ്മെൽ നമുക്ക് അധികരിച്ചിട്ടേ പോവും നമുക്ക് എത്രത്തോളം ദൈവഭയത്തിൽ നാം വളരുന്നുവോ അത്രത്തോളം നമുക്ക് ഈ ഒരു ദൈവ ഭയം നമുക്ക് ഈ മണത്തറിയുവാനുള്ള കഴിവും നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവും പേ ഇവിടെ ഞാൻ നന്നല്ല ഇന്നാരോട് കൂടെ നാം ഒരു പഴകൂടാ ഈ വ്യക്തിയോട് ഞാൻ കൂടുതൽ അടുക്കുന്നത് നന്നല്ല ഇന്നാരോട് കൂടെ ഒരു ഇടത്ത് പോകൂടാതെ ഈ വ്യക്തിയോടൊപ്പം ഒരു സ്ഥലത്ത് ഞാൻ പോകുന്നത് അല്ല ഫർ എക്സാമ്പിൾ ഒരു ഉദാഹരണം ഞാൻ ഒരു ഉദാഹരണത്തോടൊപ്പം നിങ്ങളോട് പറയട്ടെ എവ്ലോ ദൈവം നമുക്ക് അത് സ്പെൽ നമുക്ക് എത്രത്തോളം ദൈവഭയമുണ്ടോ അത്രത്തോളം നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മണത്തറിയുവാൻ കഴിയും വാലിബിനെ കുറിച്ച് നറിവേൻ എനിക്ക് ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അറിയാം അവനുടേ ഐ ടി വർക്ക് പണ്ടൊരു പയൻ ആ ചെറുപ്പക്കാരൻ ിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് രാത്രി പത്ത് മണിക്ക് ഒരു ഹോട്ടലിലാണ് ടീമിലുള്ളതാണ് മെമ്പേഴ്സ് എല്ലാരെയും രാത്രി പത്ത് മണിക്ക്ഡേ പാർട്ടിക്ക് ഈ ീഡർ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഈ ബർത്ത്ഡേ ഡിന്നറിന് വരണം എന്ന് അദ്ദേഹം എല്ലാവരോടും ആവശ്യപ്പെടുന്നു ദൈവഭയമുള്ള ഒരു വ്യക്തിക്ക് അവിടെ എന്താണ് നടക്കുവാൻ പോകുന്നത് എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ മണത്തറിയുവാൻ കഴിയും അവങ്ങളുടെ നടക്കൈ പേച്ച് കാര്യങ്ങളെ സ്മെൽ പണിട്ടാണ് അവരുടെ അദ്ദേഹം അവരുടെ പെരുമാറ്റം അവരെന്താണ് പ്ലാൻ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ ഈ ചെറുപ്പക്കാരൻ പെട്ടെന്ന് തന്നെ മണത്ത് അറിഞ്ഞ് മനസ്സിലാക്കി അത് നൈറ്റ് അത് പാർട്ടിക്ക് പോലെ ആ പാർട്ടിക്ക് ഈ ചെറുപ്പക്കാരൻ പോയില്ല പത്ത് മണിക്ക് മേലെ എന്നെ നടന്നതെങ്കാൽ പത്ത് മണിക്ക് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയട്ടെ ഞാൻ നടന്ന സംഭവത്തിൽ പേശിക്കൊണ്ടിരിക്കേൻ ഞാൻ ഇത് നടന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് ഇന്ത്യ പാർട്ടി അത് അത് കുടിയുടെ പാർട്ടിയായിരുന്നു രൊമ്പധികമായി പോയി അത് അങ്ങനെ വളരെ അധികമായി ആളുകൾ കുടിച്ച് അത് റെസ്റ്റോറൻറ്റിലുള്ള പ്ര പീപ്പിളുടെ പ്രശ്ന പണി അവിടെയുള്ള റെസ്റ്റോറൻറ്റിലെ ആളുകളുമായിട്ട് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായി അവൈൻ പണി അവർ ഫൈൻ അടിച്ചു അല്ലാത്ത തുറത്തിവിട്ട് നൈറ്റ് എല്ലാത്തി തുറത്തി രാത്രി എല്ലാവരെയും ഹോട്ടലിൽ നിന്ന് പുറത്താക്കി അവങ്ങ് ഫൈൻ കെട്ടിയിട്ട് അത് അത് കഴിഞ്ഞ് പുറത്താക്കിയ ശേഷം അവര് അടച്ച ശേഷമാണ് കണ്ടുപിടിക്കും അത് സ്മെൽ പണി ലാം നമ്മ ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാവുന്നത് നമുക്ക് അത് മണത്തറിയുവാൻ കഴിയും നമുക്ക് പോകാം ഈ ഇടത്ത് ഈ സ്ഥലത്ത് ഇതുപോലെ നമ്മുടെ വാഴ് പ്രായത്തിൽ ഓരായിരം പ്രചനകളെ നാം സേവ് പണമ അതുപോലെ തന്നെ നമ്മുടെ യൗവനപ്രായത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഇപ്രകാരം നമുക്ക് പുറത്തു വരുവാനായിട്ട് കഴിയും നമുക്കുള്ള എൻ്റെ ഭയം നമുക്ക് നമ്മുടെ അകത്തുള്ള ദൈവ ഭയം നമ്മെ ഉപദേശിച്ച് നമ്മെ വഴി നടത്തും പുതിയ ഉടൻപിടിക്കുന്ന തരം ദുഷ്ടത അധർമ്മം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾ മാറിപ്പോവുക മാറി നിൽക്കുക അതാണ് പുതിയ നിയമത്തിൻ്റെ ഒരു പഴയ ഉടൻപടി മനുഷ്യനായ ജോസഫ് തരത്തിൽ പാട്ടിലെ ഒരു പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ ഈ പുതിയ നിയമത്തിന്റെ നിലവാരത്തിൽ ജീവിച്ച ഒരു അധ്യായം നാം ജോസഫ് നമുക്ക് ജോസഫിനെ കുറിച്ച് നമുക്ക് അറിയാം അവൻ്റെ അവൻ അവൻ ദൈവത്തെ ഭയന്ന ഒരു വ്യക്തിയായി അവൻപയൊക്കെ ദൈവഭയം അവൻ്റെ ഹൃദയത്തിൽ വളരെയധികം ഉണ്ടായിരുന്നു അവനെ കുറിച്ച് ചില വാർത്തകളെ കാണിക്കുന്നത് ജോസഫിനെ കുറിച്ചുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ പത്താം വസനത്തിൽ മുപ്പത്തി ഒമ്പതാം അധികാരം പത്താം വസനത്തിൽ വാസിക്കണം മുപ്പത്തി ഒമ്പതിൻ്റെ പത്താമത്തെ വാക്യം അവൾ ദിനം ജോസഫിനോട് പറഞ്ഞിട്ടും അവളോട് കൂടെ ശയിക്കുവാനോ അവളുടെ അരികെ ഇരിക്കുവാനോ അവൻ അവളെ അനുസരിച്ചില്ല അതിൽ നല്ല ഒരു വാർത്തയെ നാം വാസിക്കണം അർമ്മയാണ് വാഴുപിള്ള വാർത്തയെ ഗവണിക്കണം ഞാനൊരു ഇവിടെയുള്ള ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ പ്രത്യേകം ഊന്നൽ നൽകി ഞാൻ വായിക്കട്ടെ നിങ്ങൾ ചെറുപ്പക്കാര് ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് വിഷയങ്ങൾ അതിലൊ വാശിക്കും അവിടെ രണ്ട് കാര്യങ്ങളുണ്ട് യോസൈപ്പ് അവളുടനെ സൈനികവും അവളുടനെ ഇരുക്കവും സമ്മതിക്കില്ലേ അവളോട് കൂടെ അവളുടെ അരികെ അവൻ അനുസരിച്ചില്ല അവളെ അനുസരിച്ചില്ല രണ്ട് കാര്യങ്ങളവിടെ പറയുന്നു യോസേപ്പ് അവളുടനെ സൈനികവും ഇല്ലേ അവളുടൻ ഇരുക്കവും സമ്മതിക്കുള്ളേസ് ജോസഫ് അവളോടുകൂടെ ശയിക്കുകയോ അവരുടെ അരികെ പോയി ഇരിക്കുകയോ ചെയ്തില്ല ഓക്കെ ഇരു അവൻ മുതലാവ് ഇരുക്കവേ ഒരു സമ്മതിക്കുള്ളേ അവൻ ആ സ്ത്രീയുടെ അടുത്ത് പോയി ഇരിക്കുവാൻ പോലും ജോസഫ് സമ്മതിച്ചില്ല അതാവത് ഇരുപ്പത് തന്നെ ഫസ്റ്റ് സ്റ്റേജ് ാണ് ആദ്യത്തെ പടിപ്പതി എന്നത് വളരെ അവസാനം ഉള്ള ഒരു കാര്യമാണ് അത് പടി പടിയായിട്ടാണ് ആ കാര്യത്തിലേക്ക് പോകുന്നത് എതിർലിംഗത്തിലുള്ള ഒരു വ്യക്തിയോട് കൂടെ ഇരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു അടുപ്പം സാമീപ്യം ആഗ്രഹിക്കുന്നു അത് വളരെ അപകടകരമാണ് ഇനിക്ക് ഇരിക്കുന്ന കാലങ്ങളെല്ലാം എല്ലാം കൈ കൊടുക്കാമല്ല ഇന്ന് എല്ലാവരും അന്യോന്യം കൈ കൊടുക്കുന്ന ഒരു കാലമാണ് എല്ലാം എനിക്ക് കൈമേല പോലെ ഇന്ന് വളരെ സാധാരണമായി കൈ തോളിലിട്ട് ഇട്ട് എതിർ ലിംഗത്തിലുള്ള വ്യക്തിയുമായി അപ്രകാരം അടുത്തിടപഴകുന്ന ഒരു കാലഘട്ടം ഇനിക്ക് സിറ്റി സ്റ്റൈൽ മാത്രല്ല വില്ലേജ് സ്റ്റൈലേ ഇവിടെ കൈ കൊടുക്കരുത് സിറ്റി സ്റ്റൈലില് മാത്രമല്ല വില്ലേജ് സ്റ്റൈലിലും ഇപ്രകാരം കൈ കൊടുക്കുന്നത് വളരെ സാധാരണമായി മാറിയിരിക്കുന്നു സ്റ്റുഡൻറ്റ് എന്റെ സ്റ്റുഡന്റ് വളർന്ന ആളുകളാണ് സിറ്റി പോയി പഠിച്ചിട്ട് എന്റെ സ്റ്റുഡന്റ് സിറ്റിയിലൊക്കെ പോയി പഠിച്ച ശേഷം തിരിച്ച് എന്റെ വില്ലേജിലേക്ക് ഒന്ന് എന്നെ കാണുവാനായിട്ട് വന്നു കൊച്ചു വളർന്ന് ഇപ്പൊ കുട്ടിയായിരിക്കുന്നത് സ്ത്രീ പോലെയാണ് മനസ്സിലായില്ലേ പറയൂ മോളെ പേര് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു പേര് അപ്പൊ സംസാരിച്ചു കഴിഞ്ഞ ശേഷം രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഓക്കെ സാർ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നു അപ്പൊ ഞാന് എന്റെ ഉള്ളിൽ ചിന്തിച്ചു ഓ നീ ഗ്രാമത്തിൽ വളർന്ന പെൺകുട്ടി തന്നെയല്ലേ നീ സിറ്റിക്ക് പോണോ സ്റ്റേലേ മാറ്റി അപ്പൊ നീ പട്ടണത്തിൽ പോയി കഴിഞ്ഞ് നിന്റെ ആകെ രീതിയെ മാറിപ്പോയല്ലോ ന ഉടനെ അടുത്ത നിമിഷമേ െ എന്ന് എതിർലിംഗത്തിലുള്ള വ്യക്തിയോട് ഉള്ള ഒരു സമീപ്യ ബോധം ഒരു അടുപ്പം എപ്പോഴും മനസ്സിലുണ്ടാവും അതാണ് വേര് അത് വേറിലെയും കഥയെ വേറിലേ നാം പരിശുദ്ധിയാണ് കൊണ്ട് വേറിലേ തീച്ച ഈ പരിശുദ്ധാത്മാവിനാൽ ഈ വേറിൽ തന്നെ കൊടാലി വെച്ച് അതിനെ അവിടെ തന്നെ മുറിച്ച് കളയണം പരിശുദ്ധാത്മാവിനാൽ ഫസ്റ്റ് സ്റ്റേജ് ആദ്യത്തെ പടി അപ്പറം പാക അത് കഴിഞ്ഞ് നോക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് സംസാരിക്കുന്നത് അപ്പൊ തുടരുന്നത് അത് കഴിഞ്ഞ് തൊടുന്നത് അപ്പുറം സൈനിക അതും കഴിഞ്ഞിട്ടാണ് അടുത്ത് പോയി ഇരിക്കുന്നത് നോക്കുന്നത് അത് കഴിഞ്ഞ് സംസാരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് തൊടുന്നത് അപ്പം അത് കഴിഞ്ഞ് പഴയ ഏർപ്പാട്ടില് വാഴ്ന്ന ഒരു മനുഷ്യൻ യത്തിനാൽ തനിക്ക് ദൈവ ഭയം ഉണ്ടായിരുന്നത് കൊണ്ട് അടുത്ത് പോയി താല്പര്യപ്പെട്ടില്ല മനസ്സിലാക്കണം അവളുടൻ അവളോട് അവളുടെ അരികെ ഇരിക്കുവാൻ അവൻ അവളെ അനുസരിച്ചില്ലേ ഹൃദയത്തിൽ രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു യഹോവ യോട് കൂടെ ഉണ്ടായിരുന്നു ആ മൂന്നാം ആസനത്തിൽ മൂന്നാം വാക്യം അവനോട് കൂടെ ഉണ്ടെന്ന് നവാസി انا മരിഡി ഇംഗ വാസിക്ക്രാം 21 വാസനം 21 വാസനത്തിൽ വാസിക്ക്രാം 21 വചനം എന്നാൽ യഹോവ യോസഫിനോട് കൂടെയിരുന്നു ഓക്കേ 28 3 മന്ത്രാസനത്തിൽ വാസിക്ക്രാം 26 23 യഹോവ അവനോട് കൂടെ ഇരുന്നു ഓ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് എത്ര നേരം വാസിക്ക്രാം ചൊല്ലുവാപ്പോ എത്ര പ്രാവശ്യം നാമീപ്പ വാഴിച്ചു യഹോവ അവനോട് കൂടെയിരുന്നു മനോ എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക യോസഫ് ഭാര്യയോട് ഒപ്പം പോയിരുന്നില്ല എപ്പോ ദൈവം നമ്മോട് കൂടെ എപ്പോഴാണ് ദൈവം നമ്മോട് കൂടെ ഇരിക്കുക ना और आपोसिट ना? ഒരു എതിർങ്ങത്തിലുള്ള വ്യക്തിയോട് കൂടെ നെടുങ്കി ടെക്നോളജിയും കാര്യങ്ങളും എല്ലാം നമ്മുടെ അടുക്കളയ്ക്ക് കൊണ്ടുവന്നിയാരുന്ന് എല്ലാം ഇന്ന് വെറും അരുമയ സന്തതിയെ പാർക്കിലും ഉള്ളതി മഹാ ഡേഞ്ചറസ് ഇന്ന് നമ്മുടെ മാതാപിതാക്കളുടെ ആ കാലഘട്ടത്തെ അപേക്ഷിച്ച് നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന ഈ കാലഘട്ടം വളരെ അപകടം പിടിച്ച ഒരു കാലഘട്ടമാണ് ഇടത്ത് ദൈവത്തിന്റെ കൃപ അധികമായി പെരുകുമെന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു അവസാന കാലഘട്ടത്തിൽ ലോകം അപ്രകാരം തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും ാണ് ദൈവമേ ഞാൻ ജീവിക്കുക എന്ന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കത്തി നമുക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ പരിചയമായി ദൈവം ഒരു പരിചയമായിരുന്നില്ല അരുമയ വാലിമെപ്പിയ യുവതിയെ ിയാണ് മനുഷ്യൻ രാജാ കടത്തിന്റെ അരമനയിലേക്ക് കൊണ്ടുപോയതായി പഴയ നിയമത്തിൽ വായിക്കും കിഡ്നാണ സാധാരണ ആൾ കിടന്നിങ് അവളെ കിഡ്നാ ചെയ്തത് വെറും സാധാരണ മനുഷ്യരും അല്ല രാജാക്കി രാജാവ് അഭിമുഖ ഒന്ന് ഫറോനും അവളെ പറഞ്ഞത് ദൈവത്തെ ഭയപ്പെട്ട ഒരു സ്ത്രീ തന്നെ മൂടിക്കൊണ്ടവൾ തന്നെ മറച്ചവൾവനോട് കൂടെ സഞ്ചരിത്തവൾ ദൈവത്തോടൊപ്പം നടന്നവൾ അവൾക്ക് ഒരു സംരക്ഷണമായിരുന്നു അതേ ദീനാൾക്ക് ഏടകമായിട്ടെ എന്നാൽ അതേ ദൈവം ദീനക്ക് ഒരു സംരക്ഷണമായി ഉണ്ടായിരുന്നില്ല പക്കി ദീന ഒരു ലോക ാണ് അവള് പെരുമാറിയത് അവരുടെ അവരുടെ വ്യത്യസ്തമായിരുന്നു എന്തുകൊണ്ടാണ് ദൈവത്തിന് അവളെ സംരക്ഷിക്കുവാൻ കഴിയാഞ്ഞത് ഓർത്ത കിഡ്നാ പോയി സൈനികം അവളെ കടത്തി കൊണ്ടുപോയി അവളെ തീട്ടുപാ നമുക്ക് ദീനയെ കുറിച്ച് നമുക്ക് അറിയാം ഒരു വ്യക്തി അവളെ കൊണ്ടുപോകുകയും അവളോടൊപ്പം അവളെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് അവളോടൊപ്പം ശയിക്കുകയും ചെയ്യുന്നു കാരണം എന്താണ് അവൾ വളരെ ലോകമായത്വം നിറഞ്ഞവളായിരുന്നു അവളുടെ ഫ്രണ്ട്സ് എല്ലാം വേൾഡ്ലി ഫ്രണ്ട്സ് അവരുടെ സുഹൃത്തുക്കളെല്ലാം ലോകത്തിന്റെ സുഹൃത്തുക്കളായി അവരുടെ മൂല്യബോധം ഈ ലോകത്തിന്റെ മൂല്യബോധമായി അവളുടെ ഫാഷൻസ് അവരുടെ ഡ്രസ്സിങ് അവരുടെ വസ്ത്രധാരണവും അവളുടെ ഫാഷൻ അവള് പിൻപറ്റിയിരുന്നതെല്ലാം ഈ ലോകത്തിന്റെ ഫാഷൻസ് ആയിരുന്നു അപടിപ്പ ശത്രു തുടമുടിയാവളെ അങ്ങനെയായിരിക്കുമ്പോൾ ശത്രുവിന് വളരെ എളുപ്പത്തിൽ അവളെ തൊടുവാനായിട്ട് കഴിയും ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ തന്നെ സൂക്ഷിക്കുന്നു അവൻ ദുഷ്ടൻ അവനെയില്ലവരെ ഇത് മാറാത്ത ദൈവത്തിന്റെ വചനമാണ് പിളയ്ക്കണമോ അവളോ ദൈവഭയത്തോടെ നാം നാം എത്രത്തോളം ദൈവഭയം ഉള്ളപ്പോൾ നാം ദോഷത്തെ വിട്ടകന്ന് നാം മാറി മാറി പോയി പോകണം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു ആൾ അവനോ ഇന്നൊരു ആപ്പോസിറ്റ് ഇന്നൊരുത്തുടേ മനുവിയോട് കൂടെ അവൻ ചാറ്റ് വരുമ്പോൾ അവൻ മറ്റൊരുവന്റെ ഭാര്യയുമായി ോട് സംസാരിക്കുവീ അവൻ എപ്പി ഓടി നയി ഓടിയത് മനവി വാത്ത ഉടനെ ഈ വഴിയിലൂടെ വരുന്നത് കാണുമ്പോൾ ആ സാഹചര്യത്തിൽ ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്താണ് എന്ന് വെച്ചാൽ എങ്കെ അപ്പിയറൻസിലേ നാം വിലകളാണ് എവിടെയൊക്കെ ദോഷമുണ്ട് എവിടെയൊക്കെ പാപമുണ്ട് എന്നുള്ളത് അത് മണത്തറിഞ്ഞ് ആ സാഹചര്യത്തിൽ നിന്ന് ഉടനെ തന്നെ അവൻ മാറിപ്പോകും ഓക്കെ രണ്ടാമത് ഒരു കാര്യത്തിനാണ് രണ്ടാമത്തെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ യോബു ആ യോബുൻ പുസ്തകം യോബുവിൻ പുസ്തകം പതിനാം അധികാരം പതിനഞ്ചാം അധ്യായം നാങ്കത്തെ വാസിപ്പോ നാലാം വാക്യം നീ ഭക്തി വെടിഞ്ഞ് ിധിയെ ധ്യാനം മുടക്കി കളയുന്നു നാഗ വസനത്തിൽ വാസിക്കേതം നാം മുതല മുതൽ നാം ധ്യാനിച്ചത് വേദ വസന ധ്യാനമും ജപമും ദേവ സമൂഹമും നമുക്ക് ഇൻട്രസ്റ്റാ ഇല്ല അതിലെ വിരുപ്പമേ ഇല്ല അപ്പ that's the clearest proof you have zero fear of god aaruḍiyukke jeevidathil devavajana dhyanathinuḷḷa thalpariyam prarthanikkulla thalpariyam nashṭamāgundo angane nashṭamāgumbō adu ningalkku deiva bhayamilla ennulladinde etthavum oru pradhana pettathulliva nee devanukku bayappuḍuvadallam veen endru solli veist devanukku bayappadradallam waste appdin solliṭṭe ദേവനുക്ക് മുൻപാ ജപ ധ്യാനത്തെ നീ കുറയ പണുക അവിടെ ഇതാ നാം വായിക്കുന്നത് നീ ദൈവത്തോടുള്ള ഭയം ദൈവഭക്തി അതിന് പ്രയോജനമൊന്നുമില്ല എന്ന് പറഞ്ഞ് നീ ആ ദൈവഭക്തിയെ തള്ളിക്കളയുന്നു നീ ദൈവചന പഠനത്തെയും പ്രാർത്ഥനയുമൊക്കെ നീ ഉപേക്ഷയായി വിചാരിക്കുന്നു അപ്പം നമ്മുടെ ജപം നമ്മുടെ ധ്യാനം നമ്മുടെ വേദവസനങ്ങളെല്ലാം എവളവുക്കെവളവും നമുക്ക് കുറേവ പോവാ പോവാ പോവാ പോവാ ഭയങ്കരം ദൈവ ദൈവ വചനധ്യാനം പ്രാർത്ഥന ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറയുമ്പോൾ ദൈവ ഭയമില്ല എന്നതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണ് നാം ഇരുപത്തിയേഴാം അധികാരത്തിലൂടെ വാസിക്കണം യോബിൻ പുസ്തകം ഇരുപത്തിയേഴാം ഈ യോബിന്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിലും ഒരു മായക്കാരനെ കുറിച്ച് ഒരു ഹിപ്പോക്രറ്റ് മായക്കാരനെ കുറിച്ച് നാം ഇങ്ങനെ വാസിക്കണം ഒരു കാവട്ടിക്കാരനെ കുറിച്ച് അവൻ എന്ത് ശേഷിപ്പുള്ളൂ സർവശക്തനിൽ ആനന്ദിക്കുമോ എല്ലാ കാലത്തും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ അവൻ സർവ വല്ലവർമേൽ മനമഹിഴ്ചിയായിരിക്കും മായക്കാരനുടേ അടയാളം അവൻ സർവ വല്ലവർമേൽ അവനക്ക് മനമഹിഴ്ചി അവൻ എപ്പോഴും ദേവനെ തൊഴുതു കൊണ്ടിരിക്കും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതെ സർവശക്തനിൽ ആനന്ദമില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ അവൻ എപ്പ ദേവനെ തൊഴുതു കൊള്ളുവാണ് ഈ കപട ഭക്തിക്കാരൻ കാവിട്ടിക്കാരൻ അവൻ എപ്പോഴാണ് ദൈവത്തെ സ്തുതിക്കുക എന്നറിയാമോ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നറിയാമോ നാളെ സെമസ്റ്റർ എക്സാം വന്നിച്ച് മായക്കാരൻ ജോൺ നാളെ നാളെ സെമസ്റ്ററിൻ്റെ പരീക്ഷയാണെങ്കിൽ ഇന്ന് കാവട്ടിക്കാരൻ ഇന്ന് പ്രാർത്ഥിക്കും യാക്കാവ തായ്താപ്പൻ്റെ ജോമൺ എനിക്ക് ജോമണ്ണി വിടുങ്ങർ പരീക്ഷയ്ക്ക് പോകേണ്ട ഭയപുക് തന്നെ നിപ്പാർ ഞാൻ സെമസ്റ്റർ പരീക്ഷയ്ക്ക് പോകുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കൈകൂപ്പി വളരെ താഴ്മയോടെ മാതാപിതാക്കളുടെ എടുക്കൽ വന്ന് നിൽക്കും നാളെ ഒരു ഇൻട്രി ഫേസ് പണൂ അപ്പ ജോമണി അപ്പിങ്ങനെ മായക്കാരൻ നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഈ കബട്ടിക്കാരൻ പ്രാർത്ഥനയെ അപേക്ഷിച്ച് കൊണ്ട് വരും ഒരു വ്യാധി വന്നിച്ച് പടുത്തിട്ട് എനിക്ക് ഒരു രോഗം വന്നു ഉടനെ എനിക്ക് സൗഖ്യം വേണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വര പറ എന്നാ വരണുന ഒരു ആപത്ത് വരണോ ഒരു നെടുക്കടി വരണോ ഒരു മുഖ്യമായ വരണോ അപ്പൊത മയക്കാരൻ പോയി ദേവ സമൂഹത്തിലെ ജോമനും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എന്തെങ്കിലും പരീക്ഷ വരുമ്പോൾ രോഗം വരുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് അപ്പോൾ മാത്രമാണ് അവന് പ്രാർത്ഥന ആവശ്യമുള്ളത് അങ്ങനെയുള്ളവർ ഒരു കാപട്ടിക്കാരാണ് ഇവരുടെ മയക്കാരം കപടഭക്തരാണ് കാപ്പിക്കാരാണ് താനാകേ അവർക്ക് അവിടെ സ്പിരിറ്റ് വരാതെ അവർക്ക് അവരെ അവരുടെ ജീവിതത്തിൽ സ്വയമായി പ്രാർത്ഥിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടാവുകയില്ല ഒരു മറുപറപ്പ് അടഞ്ഞിരിച്ചാ അവൻ ജോമനിയുടെ യഥാർത്ഥത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് പ്രാർത്ഥനയ്ക്കുള്ള താല്പര്യം ഉണ്ടാവും ആണ്ടവരായ കുറിച്ച് നാം എബ്രഹിയർ അഞ്ചാം കാരത്തിലെ അവർ മാംസത്തിൽ എല്ലാം അപിക്കണം എബ്രാഹിർ ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം കർത്താവേശു ക്രിസ്തുവിനെ വായിക്കുന്നത് തൻ്റെ ഐഹിക ജീവിത കാലത്ത് കണ്ണീരോട് ജോമണ്ണാർ വിന്നപ്പം ബലത്ത സത്തോട് ജോമന്നാർ ഭയഭക്തിയോട് കണ്ണീരോടെ അവൻ ദൈവത്തോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷയും അഭയാചനയും കഴിച്ചു എന്ന് നാം അവിടെ വായിക്കും അവർക്കുണ്ടാണ് ഭയഭക്തി നിമിത്തം അവരുടെ ജപങ്ങൾ കേൾക്കപ്പെട്ടത് എന്ന് വാസിക്കണം അദ്ദേഹത്തിന്റെ ഈ യേശുക്രിസ്തുവിന്റെ ഭയഭക്തി നിമിത്തം പ്രാർത്ഥന കേൾക്കപ്പെട്ടു എന്ന് നാം വായിക്കും അവർ എപ്പോഴും തന്നെ വാൾനാൽ ജർമ്മനി കൊണ്ടേരുന്ന എപ്പോഴും തൻ്റെ ജീവിതകാലത്തിൽ ഉടനീളം പ്രാർത്ഥിച്ചു നാം എവളോ കേ നാം ദേവനുക്ക് ഭയപ്പെടമോ അവളോ കോളവായി നാം ജർമ്മനി കിട്ടേർ പോ പ്രിയമുള്ളവരെ നാം എത്രത്തോളം ദൈവത്തെ ഭയപ്പെടുന്നു അത്രത്തോളം നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും കാണിക്കവരെ മറ്റൊരു കാപ്പിക്കാരനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം യാത്ര ഇവിടെ ഫറവനെ കുറിച്ച് നാം വായിക്കുന്നു യാത്ര ഒൻപതാം അധികാരം പുറപ്പാട് ഒൻപത് ഈഹിപ്തിൽ ചില വാദികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈജിപ്തിൽ ചില ബാധകൾ ഉണ്ടാകുന്നു ഇപ്പോഴത് എന്ന വാതി പോയിട്ട് ഇപ്പോഴിതാ കൽമഴ പെയ്യുന്ന ഏഴാമത്തെ ബാധ നടക്കുന്നു ഫറവൻ എന്താണ് ചെയ്യുന്നത് ഇസ്രായേൽ മക്കൾ പാർത്ത ഗോഷ്യൻ ദേശത്ത് മാത്രം കന്മഴ ഉണ്ടായില്ല അപ്പോൾ ഫറോഹോൻ ആളയിച്ച് മോശിയെയും അഹരോനെയും വിളിപ്പിച്ച് അവരോട് ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു യഹോബീതിന്റെ ജനവും ജനവും വരുമ്പോ ആ സമയത്ത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു യഹോബീതിന്റെ ജനവും ദുഷ്ടന്മാർ ചില സമയങ്ങളിലെ ദേവൻ ചില സമയത്തിൽ അടിക്കാർ ദൈവം അവരെ തൊടുകയും അടിക്കുകയും ചെയ്യണം ദേവൻ തമ്മുടെ ബെൽറ്റ് എടുക്കുക ദൈവം തൻ്റെ ബെൽറ്റ് ഊരേണ്ട ചില സാഹചര്യങ്ങൾ ഒരു ചിന്ന ഒരു മോട്ടോർ ബൈക്ക് ആക്സിഡൻറ്റ് ആവേണ്ടിയതാ ഒരു ചെറിയ മോട്ടോർ ബൈക്ക് ആക്സിഡൻറ്റ് ഉടനെ അടിപൊട്ടി ഹാസ്പത്രി അവിടെ വീണ ഹാസ്പിറ്റലിൽ കിടക്കുന്നു ഏതാ ഒരു സൂനിലെ പോയി സിക്കാൻ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പോയി കുരുങ്ങുന്നു ഉടനെ തന്നെ പാവം അവനക്ക് ഒരു കൺഫിക്ഷൻ ആകുതപ്പ ഉടനെ തൻ്റെ പാവത്തെ കുറിച്ച് ഉള്ള ബോധ്യം തനിക്ക് ഉണ്ടാക്കുന്നു ജോമനുപോലെ ജോമൻ നാ പാവം ചെയ്ത അസേ ജോമല്ല അതുകൊണ്ട് ഈ ഭയങ്കരമായ ഇടിയും നീങ്ങി പോകണം എന്ന് പ്രാർത്ഥിക്കുന്നു ും പറഞ്ഞ ഒരു കാര്യം അവിടെ നമുക്ക് കാണാം മോശ അവനോട് ഞാൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോബങ്കിലേക്ക് കൈമലർത്തും ഭൂമി യഹോബക്കുള്ളത് എന്ന് നീ അറിയേണ്ടതിന് ഇടിമുഴക്കം നിന്നു പോകും പിന്നെ ഉണ്ടാവുകയില്ല മുപ്പതാസനം എന്നാൽ നീയും നിന്റെ പ്രത്യന്മാരും യഹോവയായ ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അപ്രിയമാണ് മായക്കാരനുടേ വേണ്ടതൽ ജപം എല്ലാം എപ്പ അവിടുന്ന തന്നുടേ ആപത്ത് നെരുക്കടി ഉപദ്രവം പാടുകൾ വരുമ്പോഴ്ന്നാ ജോനു വാങ്ങി കാപ്പട്ടിക്കാരുടെ പ്രാർത്ഥനയെല്ലാം ഇങ്ങനെയാണ് തങ്ങളുടെ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ തൻ്റെ അപകടങ്ങളുടെ മധ്യത്തിൽ ആപത്തുകളുടെ മധ്യത്തിൽ അവര് ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അത് ദൈവ ഭയം ഇല്ലാതെ ഒരു അടയാളം ആണ് എന്നാൽ അവർക്ക് ദൈവ ഭയമില്ല അവർക്ക് ദൈവ ഭയം ഒരു അടയാളമാണ് അത് ഇതുപോലെ ഉള്ള സാക്ഷി കൂടാതെ പാർവനെ പോലെ ഉള്ള സാക്ഷി എന്ന സാക്ഷി കൂടാതെ സർവനെ പോലെ നിങ്ങളുടെയും എന്റെയും സാക്ഷിയും അപ്രകാരം നാം സർവ വല്ലവൻമേൽ എപ്പോഴും മനമഹിഴ്ചാകണോ എപ്പോഴും സർവശക്തനായി ദൈവത്തിൽ ദൈവത്തിൽ സന്തോഷിക്കുന്നവർ ആനന്ദിക്കുന്നവരായിരിക്കണം നാ എപ്പോഴും ദേവനെ തൊഴുതുകൊള്ളണോ എപ്പോഴും ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം സമൂഹത്തിൽ എപ്പോഴും പോയിട്ടേക്കും എപ്പോഴും സാന്നിധ്യത്തിലേക്ക് പോകുന്നവരായിരിക്കണം നാം വാസിക്കൽ ഒന്ന് സാമ്പിൽ മൂന്നാം അധികാരം ഒന്ന് സമൂഹ മൂന്നാം അധ്യായം അമ്മയാണ് വാല്യൂ പ്ലേ ചെറുപ്പക്കാരെ ഇത് വരയ്ക്കും സത്ത കേന്നാലും പരവാലേ ഇതുവരെ നിങ്ങൾക്ക് ദൈവ ശബ്ദം അവന് അന്ന് വരെ അമ്മയാണ് തങ്ങൾ പാർക്കുമ്പോൾ ഇവിടെ ഉള്ള ഒന്ന് മൂന്നാം അധികാരം ഏഴാം വസനം ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളെ മൂന്നാം അധ്യായത്തിന്റെ ഏഴാമത്തെ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക അറിഞ്ഞില്ല യഹോബയുടെ വചനം അവന് അന്നുവരെ വെളിപ്പെട്ടതുമില്ല നിങ്ങളുടെ പേര് അവിടെ വെച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കാം ആശ്ചര്യം എന്നാൽ സാമുവേൽ എങ്കാൽ എന്നാൽ അത്ഭുതകരമായ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക മന്ദിരത്തിൽ ദൈവത്തിന് വിളക്ക് കിടക്കുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു അവിടെയാണ് അവൻ കിടന്നിരുന്നത് സമയമായി സഹോദരൻ സന്ദീപൂനൻ അടുത്തിടെ സന്ദീപൂനൻപള്ളിയിൽ വന്നിരുന്നു വാലിവർ മീറ്റിംഗ് അദ്ദേഹം ഈ ചെറുപ്പക്കാരുടെ ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുകയായിരുന്നു വാർത്തയെ ഞാൻ ഗവണി കൊണ്ടിരുന്നേ ഈ വാക്യം ഞാൻ ശ്രദ്ധിച്ചു അർമ്മയാണ് വാഴിവിളെ കുറിച്ച് ചെന്നാർ ചെറുപ്പക്കാരെ കുറിച്ച് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ഇന്നും ദേവനെ സത്യത്തിന് കേൾക്ക മുടിയും യോസിക്കാതെ ഇതുവരെ ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞില്ല എന്നതിനെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട ഇന്നോ ദേവൻ എന്നാ സരിയാറും പരവാലേ ദൈവത്തെ എനിക്ക് ശരിക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല ദൈവം എന്നെ ശരിക്കും അറിയുന്നില്ല എന്നൊക്കെയുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിലും സാരമില്ല അവർ സ്വന്ത വാർത്ത സ്റ്റേ വെരി ക്ലോസ് ടു ഗാഡ് അപ് നിങ്ങൾ ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് എങ്കെ എങ്കര മൂന്നാം അവസാനത്തിലെ ദേവരുടെ പെട്ടി ഇരിക്കുന്ന കത്തരുടെ ആളയത്തിനില്ല കത്തരുടെ ആളയത്തിനിട്ടില്ലേ എന്നാൽ അതിനപ്പുറത്ത് ദത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ അവിടെ അവിടെ തന്നെ ആ പെട്ടകത്തിന് അരികിൽ പോയി കിടുന്നുണ്ട് അപ്പോഴത് അപ്പോൾ ടത്ത് കിട്ടക്ക വന്നിരുന്നത് എന്നാൽ ദൈവത്തിന്റെ പെട്ടി ഇരിക്കുന്ന പെട്ടകം ഇരിക്കുന്ന ആ ഏറ്റവും അടുത്ത് നിങ്ങൾ പോയി നിൽക്കുക ദൈവ സാന്നിധ്യത്തിന്റെ അടുക്കിലേക്ക് നിങ്ങൾ ചെല്ലുക ചർച്ചിൽ താത്തരുടെ ആളിലാണ് ഉള്ളത് ഞാൻ എന്ന് നിങ്ങൾ പറയണ്ട എന്റെ അപ്പാമ്മേ ചർച്ച പോയിട്ട് വന്നിട്ട് എന്റെ മാതാപിതാക്കൾ സഭയിലാണ് ഞാനും സഭയിൽ പോയി ഒരു മീറ്റിങ്ങുകൾക്ക് പങ്കെടുക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കുക കേരള സി ചർച്ചിൽ ഞാൻ കേരളത്തിൽ ഈ സി എഫ് സി സഭയുടെ അംഗമാണ് എന്നല്ല നിങ്ങൾ പറയേണ്ട പോയിട്ട് ഞാൻ എപ്പോഴും ഞാൻ സ്ഥിരമായി സഭ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നല്ല നിങ്ങൾ പറയണം ഞാൻ കർത്തൂരുടെ ആലയത്തിൽ ഞാൻ ആലയ ദൈവത്തിന്റെ ആലയത്തിലാണ് ഞാൻ ഉള്ളത് എന്നല്ല നിങ്ങൾ പറയുക അതെവിടെ എപ്പോഴെക്കണം അർത്തൂരുടെ സമൂഹത്ത് കിട്ടാനാണ് ഞാൻ കർത്താവിന്റെ സാന്നിധ്യത്തിന് ഏറ്റവും അരികിലാണ് ഞാൻ എന്നതായിരിക്കണം നിങ്ങളുടെ സാക്ഷ്യം എഴുതികട്ടേപ്പിക്കുമ്പോഴത് ഒരു പേര് ദേവൻ ഉങ്ങളെടുവാൻ അങ്ങനെ നിങ്ങൾ ആ ദൈവ സാന്നിധ്യത്തിന്റെ ആ സാമീപ്യത്തിന്റെ ഏറ്റവും അടുത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ ദൈവം ഒരു നാൾ നിങ്ങളുടെ പേര് വിളിച്ച് നിങ്ങളോട് സംസാരിക്കും ദേവൻ തമ്മുടെ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നവനാണ് പേര് എടുത്ത് വിളിക്കുന്നവനാണ് ഉള്ള സ്വന്തം ദേവൻ കൂപ്പിടുവാർ നിങ്ങളുടെ സ്വന്തം പേര് വിളിച്ച് ദൈവം നിങ്ങളെ വിളിക്കുക അവരുടെ സമൂഹത്തിന് പോക്ക് വറുത്തുമായി ഇരുന്ന് വിടുങ്ങൾ ആ ദൈവത്തിന്റെ സമൂഹ ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിന്റെ അരികിൽ നിങ്ങൾ പോവുക നിങ്ങൾ ആ സാന്നിധ്യത്തിലേക്ക് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുക സഭയിൽ സാക്ഷി വേണ്ട നിങ്ങൾ സഭയുടെ ഒരംഗമാണ് എന്നതിനപ്പുറത്ത് ദൈവങ്ങളുടെ സമൂഹത്തിൽ ഉള്ള കാണപ്പെടുങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുന്നവരായി നിങ്ങൾ മാറുക അത് വീടാർക്കട്ടും ചർച്ച ആർക്കിട്ടും ട്രാവലാർ കിട്ടും നിങ്ങളുടെ വീട്ടിലായിരിക്കാം നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കാം സഭയിലായിരിക്കാം എവിടെയാണെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പെട്ടകത്തിന് ഏറ്റവും അരികിൽ നിങ്ങളായിരിക്കുക ഇവിടെ മനുഷ്യൻ കൂടെ സമൂഹത്തെ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തി ദൈവത്തോട് കൂടുതൽ അടുത്തടുത്ത് ദൈവ സാന്നിധ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും ഇന്നത്തെ ഞാൻ കൂടെ പറയട്ടെ യോ യും ഒരു വിധവയെ കുറിച്ചും ഉള്ള ഒരു ഉപമ പറഞ്ഞു രണ്ടാം വാക്യം മതിയാതോണുമായി അവിടെ നാം വായിക്കുന്നത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്തവനായിരുന്നു മറുപടി കീഴിലെ വീണ്ടും വായിക്കുന്നു നാലാം അവസരത്തിൽ മറുപടി ആണ്ടാർ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ല എന്ന് വീണ്ടും ആ ന്യായാധിപൻ തന്നെ പറയുന്നു അത് ജീസസിൻ്റെ വായിൽ നിന്ന് വന്ന ഉപമയിലുള്ള വാർത്തകൾ യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് വന്ന ഈ ഉപമയിലെ വാക്കുകൾക്ക് ഭയപ്പെടാതെ മനുഷ്യനുടേ അടയാളം എന്നാൽ ദൈവത്തെ ഭയപ്പെടാത്ത ഒരു വ്യക്തിയുടെ അടയാളം എന്താണെന്ന് ഞാൻ പറയട്ടെ യേശുക്രി വാക്കുകൾ മനുഷ്യരെ മതിക്കനുഷ്യ മനുഷ്യനെ പേടിക്കുകയില്ല മനുഷ്യരെ മനുഷ്യർക്ക് വില കൊടുക്കുകയില്ല മനുഷ്യനെ ശങ്കയില്ല റെസ്പെക്ട് പണ്ടരുന്നില്ല മനുഷ്യനെ ബഹുമാനിക്കുകയില്ല നോ റെസ്പെക്ട് അറ്റ് ആൾ മനുഷ്യനോട് ഒരു ബഹുമാനവുമില്ല എതിർത്ത് നിക്കരുത് മനുഷ്യനോട് എതിർത്ത് നിൽക്കുക അതിൽ പേസരുത് എതിർ മറുപടിക്ക് മറുപടി കൊടുക്കുകൾ നീ എഴുന്നേറ്റ് പ്രായമുള്ളവരെ നീ ബഹുമാനിക്കുകയെത്താം അധ്യായത്തിലെ ആ വാക്യം വായിക്കുന്നത് നല്ലതാണ് 32, െ എഴുന്നേൽക്കുകയും വൃത്തന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം ഞാൻ ഇത് പഴയ നിയമ കാലഘട്ടത്തിന്റെ ഒരു നിലവാരമാണ് പിടിച്ചൊള്ളുകൾ പറയുന്നത് രണ്ടാം അധികാരത്തിൽ അരുമയാണ് പുതിയ ഉടൻപിടി നാം പുതിയാണ് നമ്മുടെ നരത്തവയുള്ളവർ മറ്റും ഇവിടെ ബുദ്ധന്മാർച്ച മുടിയുള്ളവർ എന്ന് മാത്രമല്ല എതിർക്കുന്ന ഒരു മനോഭാവമുള്ള ലോകം നിക്കരുതോ എല്ലാ അധികാരത്തോടും മറുതലിക്കുന്ന ഒരു ലോകം തായ്തകപ്പനെ എതിർത്ത് നിക്കുന്നതും മാതാപിതാക്കളോട് എതിർത്ത് നിൽക്കുന്ന ഒരു ലോകം സഭയിലുള്ളവർക്ക് മര്യാദ ഇല്ലാതെ സഭയിലുള്ള വ്യക്തികളോട് ഒരു ബഹുമാനവും ആളുകൾ മുമ്പോട്ട് പോകുന്നു നാം കറ്റക്കൊള്ള വേണ്ടിയതാണ് ഒരു എ പാഠം അത് നാം പഠിക്കേണ്ട ഒരു എ ബി സി പാഠമാണ് ആണ്ടവരേ നാസ്പെക്വമേ ഞാൻ ബഹുമാനിക്കട്ടെ ഉമക്ക് ഭയങ്കര മനുഷ്യരെ മതിക്കട്ടാണ് അങ്ങേ ഭയപ്പെട്ട് ഞാൻ മനുഷ്യരെ ബഹുമാനിക്കട്ടെ അല്പമായി കർത്താവെ കളിയാക്കുകയോ ആരെയും കാണുകയോ ഞാൻ ആരെയും അല്പമായി കാണുകയോ ചെയ്യരുത് കർത്താവെത്തു നിൽക്കേ ഞാൻ ആരോടും മറുതലിച്ച് നിൽക്കുകയില്ല ഇപ്പിടിപ്പെട്ട ചിന്ത നാം വാഴു പ്രായത്തിലേ നാം കണ്ടുകൊള്ളണം ഇപ്രകാരമുള്ള ചിന്ത ഈ യൗവന പ്രായത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയ ഒന്നൊരു കാര്യത്തെ വേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ തന്നുടേവൻ പുതിയ ഏർപ്പാട്ടിലെ ദേവൻ യാരെ വാസിക്കുന്ന ഓക്കെ സാരീ മാര് ഒന്നാം അധികാരം ആണ്ടോ കടക്കരയില മുമ്പോട്ട് ചേർന്നപ്പോൾബു ഡി ജേംസ് അൻ്റ് ജാൻ രണ്ട് പേരും ഫുൾ അപ്പോട് കൂടെ എങ്കിൽ വന്നിട്ടാൽ മക്കളായ യാക്കോബ് യോഹന്ന അവർ രാത്രി മുഴുവൻ അപ്പനോടൊപ്പം ഈ മക്കൾ മീൻ പിടിക്കാനായിട്ട് പോയി അവർ തിരിച്ച് വന്നിരിക്കുകയാണ് ഇപ്പം അവൻ ഡാഡിറു ഇപ്പോൾ അവരുടെ പിതാവ് അവരോട് പറയുന്നു ഡാടി നൈറ്റ് വേല മുറിഞ്ചിരുചി നാൽ വലയെ പാക പോ മിച്ച മീതെല്ലാം പാത്തേങ്ങി അരകുറയായി വിട്ടുപിട്ട് അപേ ഉപാട്ട് ക വീട്ടിൽ പോകല രണ്ട് പേരും ഇവർ ഇവിടെ യോഹന്നും യാക്കോബും യോഹന്നും രാത്രി മുഴുവൻ ജോലി ചെയ്തു മീൻ പിടിച്ച് അധ്വാനിച്ച് ക്ഷീണിച്ചിരിക്കുന്നു ഡാഡി ഡാഡി ഇനിയും ബാക്കി വലയൊക്കെ നോക്കുമോ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് അവരൊരു അർത്ഥമനസ്കരായി അവർ പോയില്ല പടവിലെ വലകളെ പഴുതുപാർത്തു കൊണ്ടിരിക്കുന്ന കണ്ട് അപ്പോൾ എന്നാൽ അവരെ കുറിച്ച് നാം വായിക്കുന്നത് അവർ പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു ഉടനെ അവർ അഴൈത്താർ അപ്പോഴത് അവർ തങ്ങൾ തകപ്പനാക്കിയ ശബദേവിയെ കൂലി ആടുകളോട് കൂടെ പടവിയലെ വിട്ട് അവരുടെ പിൻസാൽ ഉടനെ അവരെയും വിളിച്ചു അവർ അപ്പനായ സെപതിയെ കൂലിക്കാരോട് കൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിക്കും അപ്പൊ സെബിയോട് കൂടെ അങ്ങ് കൂലി ആടുകളും അങ്ങ് അപ്പോൾ അവിടെയോട് കൂടെ കൂലിക്കാരും ആ പടകിൽ ഉണ്ട് ഡേഡി പാത്തേ നൈറ്റ് വന്നത് വരയ്ക്കേ വിഷയം നാറോ എങ്ങനെ നെ വേല അല്ല വലയാടുകൾക്കാങ്വങ്ങളെ വെച്ചിട്ട് കൂലി ആടുകളെ വെച്ചിട്ട് വേല പഴുതുപാറേ നാ പോരേറ്റ് പോയിരുന്ന വെച്ചെ ദൈവം ചൂസ് പണി എടുക്കമാട്ടാൽ ഇവിടെ ഇതാ ഈ രണ്ട് ആൺമക്കൾ അവരിങ്ങനെ പറഞ്ഞു ഡാഡി രാത്രി മുഴുവൻ നമ്മളെ അധ്വാനിച്ചു ഇനിയിപ്പോൾ ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു ഞങ്ങൾ വീട്ടിൽ പോവുക ഇനിയിപ്പോൾ വല നന്നാക്കണമെങ്കിൽ ഇവിടെ കൂലിക്കാരുണ്ടല്ലോ അവരോട് പറഞ്ഞാൽ മതി അവര് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ യേശു അവരെ വിളിക്കുകയില്ല അത് അതെ 예수 ക്രിസ്തുവിൽ ശ്രദിച്ചു. അнда വലിയ പോയിട്ട് ഇരിക്കുന്നപ്പോൾ ಅದ കவனிச்சారടാ. 예수 ക്രിസ്തുവടിലേ പോയപ്പോൾ ಅದ്ര്രദിച്ചു. രണ്ട് പേര് கூப்பிட்டார். ആ രണ്ട് പേരെ വിളിച്ചു. അർമേനിയൻ ഉരിലെ ദൈവം എപ്പോങ്ങളെ ചൂസ് பண்ணുവാർ. പ്രിയമുള്ളവരെ ദൈവം എപ്പോഴാണ്ങ്ങളെ വിളിക്കുക. നിങ്ങളുടെ ഡാഡി മമ്മിക്ക് നിങ്ങൾ മൊതല ഹെൽപ് പിടരിംഗിളാണോ നിങ്ങൾ? നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ സഹായം ചെയ്യുന്നവരാണോ? വലിയ അണ്ണാ ബടാ ബടാ ട്രൂത്ത് எல்லாம் ഞാൻ പേസേവേണ്ണം. വലിയ വലിയ സത്യങ്ങളൊന്നും നിങ്ങൾ സംസാരിക്കണ്ട. സാധാരണ സിന്ന വിഷയങ്ങൾ അർമേനിയൻ വാല്യൂ പിള്ളേര് ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ അമ്മ തുണി അലക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി എന്തെങ്കിലും സഹായം ചെയ്യാറുണ്ടോ ഇനിക്ക് എല്ലാരും ഇന്ന് എല്ലാ കുഞ്ഞുങ്ങളും ഒരു പ്രത്യേക രീതിയിലാണ് വളരുന്നത് പിന്നാലെ രൊ കഷ്ടപ്പെടാൻ അങ്ങനെ വളർന്ന് വളർന്ന് പിന്നീട് അവർ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകും അത് പയ്യുകളും ശരി പെണ്ണുങ്ങളും ശരി അത് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും നാം എവളോക്കെ ആയി നമ്മുടെ തായ്താപ്പനെ നാം മതി കണം പണി അവളോട് കൂടെ നാം ഇരുന്ന് അവർക്ക് ചെയ്യ വേണ്ട സില പണിവിടെ നാം ചെയ്യണു നമ്മുടെ മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് അവൾ അവർക്ക് ചെയ്യേണ്ട പല സഹായങ്ങളും നമ്മൾ ചെയ്യണം ഇതെല്ലാം ദേവൻ പാർക്കറാർ യുദ്ധം ചെയ്യുന്നവരെ പോലെ ആകരുത് ഇതെല്ലാം ദൈവ ചില അടയാളങ്ങൾ ഇതൊക്കെ ദൈവ ചില അടയാളങ്ങളാണ് കർത്തനമ്മ തുടർന്ന് നടത്താ ദൈവം നമ്മെ തുടർന്നും നടത്തട്ടെ